പറയുക ഞാൻ ദൂതന്മാരിൽ ആദ്യത്തെയളല്ല എനിക്കും നിങ്ങൾക്കും എന്ത് സംഭവിക്കുമെന്ന് ഞാൻ അറിയുന്നില്ല എനിക്ക് നൽകപ്പെട്ട വെളിപാടുകളെ ഞാൻ പിന്തുടരുന്നുവെന്നു മാത്രം ഞാനൊരു വ്യക്തമായ മുന്നറിയിപ്പുകാരൻ മാത്രമാണ്